ർമ്മ വന്നു എന്റെ സമ്പതമില്ലാതെ എന്റെ കൊട്ടാരത്തിലേക്ക് എന്തിന് പ്രവേശിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും പൊട്ടിക്കരഞ്ഞില്ലേ ൊണ്ട് പറഞ്ഞില്ലേ മണ്ണേ ഞാൻ നിന്നെ പോയില്ലോ നിനക്ക് വിചാരണ നേരിടേണ്ടി വരില്ലല്ലോ പൊട്ടിക്കരഞ്ഞില്ലേദിനുന്നു കാണുമ്പോൾ സങ്കടപ്പെടാറില്ലേ കൂട്ടുകാർ ചോദിച്ചില്ലേ മുക്തി നബി സല്ലാമയുടെ കഴിക്കാൻ ഭാഗ്യം ലഭിച്ചു വിശേഷിപ്പിക്കപ്പെട്ടിട്ടില്ലേക്കളെ ഞാൻ കേട്ടിട്ടുണ്ട് പ്രവാചകരിൽ നിന്നും ഒരാൾ മരണപ്പെട്ടാൽ ആദ്യവേഡ അവിടെ രക്ഷപ്പെട്ടാൽ വിജയിച്ചു അവിടെ പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടു ഞാൻ വിജയശ്രീ ലാളിതനോ പരാജിതനോ ും തുടികുട്ടുന്ന ദിവസത്തിൽ എന്റെ കൈകാലുകൾ ചങ്ങലയിൽ ഇട്ട് ബന്ധിച്ചിട്ട് നരകത്തിലേക്ക് വീശിയെറിയുമ്പോൾ എനിക്ക് വേണ്ടി ഇപ്പോഴോടൊന്ന് ശുപാർശ നടത്തുമോ ഇതായിരുന്നു പൂർവ്വ സൂരികളായ സഹാബത്തിന്റെ തക്കവ നാളത്തെ കാര്യം ഓർത്തിട്ട് അള്ളാഹു പറയുന്നത് ഇന്നല്ലാഹീനത്തുള്ളവരോടൊപ്പമാണ് നല്ല പ്രവർത്തനം ചെയ്യുന്നവരോടൊപ്പമാണ് ഇവിടെ ഉപയോഗിച്ച പ്രയോഗം മുഹസിനോൻസാൻ എന്നാണ് എന്നാണ് വസ്സലാം വന്നിട്ട് മുത്തമ്മയോട് ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും ചോദിച്ചിട്ട് ചോദിച്ച ചോദ്യം എന്താണ് എന്നല്ലേ മുത്തത് റബ്ബക്കും ചെയ്യലാണ് നീ അവനെ കാണുന്നുണ്ട് എന്നതുപോലെ യഥാർത്ഥത്തിൽ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് അതാണ് ഹസാൻ ആ എഹസാനോട് കൂടെ ജീവിക്കണം സായമ്പത്ത് ജീവിച്ചില്ലേ എഹസാനോട് കൂടെ ജീവിതം മാതൃകയാക്കേണ്ടതില്ലേ മഹാനായ ഉപദേശിച്ചിരുന്നില്ലേ അള്ളാഹുനെ ഭയപ്പെടണം നീ ഉപജിക്കുന്നത് പ്രജകൾ ഭുജിക്കുന്നത് മാത്രമേ നീയും ഭുജിക്കാവൂ അല്ലാഹുന്റെ കാര്യത്തിൽ ഒരിക്കലും തന്നെ നീ പ്രജകളെ പേടിക്കരുത് െ പേടിക്കുകയും അള്ളാഹുനെ പേടിക്കാതിരിക്കുകയും ചെയ്യരുതെന്നുള്ള നിർദേശോപദേശങ്ങൾ ഗവർണറുടെ ആവശ്യം വന്ന സമയത്ത് മഹാനായി ഒമരു തെരഞ്ഞെടുത്തത് സീദ് അല്ലേ സെംസിലേക്ക് പോകണം ഇല്ല ഞാൻ പോകൂല ഞാൻ ഗവർണറൂല എന്നെ നിങ്ങൾ അധികാരിയാക്കരുത് ഒമറുൽ എല്ലാവരും എന്നെ എന്നിട്ട് ഞാൻ പറയുന്നത് കഴിഞ്ഞു ഹിംസിൽ നിന്നും ഒരു സംഘം പ്രതിനിധി സംഘങ്ങൾ മദീനയിൽ വന്നു ഫാറൂഖ് ചോദിച്ചു നിങ്ങളുടെ നാട്ടിലെ പാവങ്ങളുടെ ലീസ്റ്റ് എനിക്കൊന്ന് തരണം പാവങ്ങളുടെ ലീസ്റ്റിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് വായിച്ചിട്ട് ചോദിച്ചു ആരാണ് ഇദ്ദേഹം ഇദ്ദേഹം ഞങ്ങളുടെ ഗവർണറാണ് നിങ്ങളുടെ ഗവർണർ പാവപ്പെട്ട പട്ടിണിയിൽ കിടക്കുന്നവനോ അതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ തീപ്പുക ഉയരാറേയില്ല ആയിരം സ്വർണ്ണ നാണയം നൽകുകയാണ് ഈ സ്വർണ്ണ നാണയം ചെയ്യണം അവർ സ്വർണ്ണ നാണയങ്ങൾ എന്ന് ഒരു വിട്ടു ചോദിച്ചു വലുതും സംഭവിച്ചു അതിനേക്കാൾ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു മുസ്ലിം സംഭവിച്ചോ അതിലും ദുരന്തം സംഭവിച്ചിരിക്കുന്നു എന്താണോ സംഭവിച്ച ദുരന്തം എന്റെ പരലോകം നശിപ്പിക്കാൻ ദുന്യാവ് ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നീ എന്നെ സഹായിക്കണം ആയിരം സ്വർണ്ണ നാണയങ്ങൾ പാവങ്ങൾക്ക് അദ്ദേഹം വിതരണം ചെയ്തു പിന്നെയും കാലങ്ങൾ കഴിഞ്ഞു തന്റെ ആർക്കെങ്കിലും അസതൃപ്തരാണോ എന്ന് അന്വേഷിക്കാൻ ഗവർണറെ കാണാൻ അദ്ദേഹം പുറപ്പെട്ടു ഓരോ സംസ്ഥാനത്തെയും ഗവർണർമാരെ കണ്ടിട്ട് ജനങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാൻ അദ്ദേഹം ഹിംസിന്റെ പേര് കുവൈഫ എന്നും പേരുണ്ട് ഭരണാധികാരികളെ ആക്ഷേപിക്കുന്ന നാടായിരുന്നു കൂഫക്കാർ അതിന്റെ ഒരു പതിപ്പായിരുന്നു ഹിംസുകാരും അത് നാല് ആക്ഷേപങ്ങൾ ഉന്നയിച്ചു ഗവർണറെ കുറിച്ച് ും വരിക പള്ളിയിലേക്ക് വരിക ഞാൻ ഗവർണറെ വിളിക്കും എന്നിട്ട് നിങ്ങളുടെ പരാതികൾ പറയുക പിറ്റേ എന്ന ഒരു ഭാഗത്ത് ഗവർണർ ഒരു ഭാഗത്ത് പ്രജകൾ പറയൂ നിങ്ങളുടെ പരാതി എന്താണ് നിങ്ങളുടെ ഗവർണർ വളരെ വൈകിയെ ഞങ്ങൾ എടുത്തു വരാറുള്ളൂ അമീരുൽ എന്റെ വീട്ടിൽ വേലക്കാരില്ല വീട്ടുകാരെയും കുടുംബത്തെയും ഒക്കെ സഹായിച്ചിട്ട്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 ിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയ സമയത്തെ ആ ചെറുപ്പക്കാരന്റെ കഴുമരത്തിൽ തൂക്കിക്കെട്ടിയ ശേഷം നിന്റെ മുഹമ്മദ് ആദുന്നതിഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ പ്രവാചകന്റെ കാൽപാദത്തിൽ ഒരു മുള്ളു കറക്കുന്നത് പോലും ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ആ ആദർശാലിയെ എന്ന് പറഞ്ഞ് ആ കഴുമരത്തിൽ തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ കൈക്കാലുകൾ എനിക്കൊന്നും സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം എന്നെ പിടികൂട്ടുമ്പോൾ എനിക്ക് സങ്കടം അത് ഓർമ്മിക്കുമ്പോൾ ഞാൻ ബോധം കെട്ടുവിഴാറുണ്ട് അമറുൽ ഫാറൂഖ് തങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചു അലഹം എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു നദീനയിലേക്ക് ചെന്നു വീണ്ടും ഗവർണർക്ക് ആയിരം സ്വർണ്ണ നാണയം കൊടുത്തയച്ചു ഭാര്യയോട് പറഞ്ഞു ഇത് നമുക്ക് പ്രണയം വെക്കാം പാവങ്ങൾക്ക് വിതരണം ചെയ്യാം നാളത്തെ ലോകത്തിനു വേണ്ടി നമുക്ക് ഏറ്റെടുത്തെടുക്കാം വിളവെടുപ്പിന് ഇതായിരുന്നു സഹോദരങ്ങളെ പൂർവിക സൂരികളുടെ ചരിത്രം എന്നും നാം പഠിക്കേണ്ട പാഠം അത് അദ്ദേഹം പെടഞ്ഞു പിടഞ്ഞ് മരിക്കുമ്പോഴും അദ്ദേഹം നേടിയ ഊർജത്തിന് ആർജവത്തിന് ഒരു കോട്ടവും സമീപിച്ചിട്ടില്ല എന്നുള്ളത് സായി ബോധ്യപ്പെട്ടു അദ്ദേഹം നല്ല മനുഷ്യനായി ജീവിച്ചു നല്ല പ്രവർത്തനത്തിന് കഴിയുകയുള്ളു അതാണ് തക്കവയും മെഹസാനും തമ്മിലുള്ള ബന്ധം ഒന്ന് പറഞ്ഞു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 നല്ല ഹൃദയമാകും അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾ എല്ലാവിധ പൈശാചിക പ്രവർത്തനങ്ങൾ ചിന്തകൾ ഒഴിവാക്കുമാറാകട്ടെ പറഞ്ഞത് ഇതാ സഹാബത്ത് ഒരാൾ സദസ്സിലേക്ക് വരുന്നുണ്ട് അദ്ദേഹം സ്വർഗത്തിലാണ് നോക്കിയപ്പോൾ കണ്ടത് ആരെയാണ് സയിദ് അലി അള്ളാഹുവിനെ അല്ലേ രണ്ടാമതം കണ്ടത് വന്നതും അത് അദ്ദേഹമല്ലേ മൂന്നാമത്തെ തവണയും മുത്തിരവ് പറഞ്ഞപ്പോൾ വന്നത് അദ്ദേഹമല്ലേ മഹാനായ ഒമർ ഉൽ ഫാറൂഖ് മഹാൻ അവരെ സമീപിച്ചില്ലേ എന്നിട്ട് നോക്കിയില്ലേ നോക്കിയ സമയത്ത് അദ്ദേഹത്തിന്റെ ഇബാദത്ത് കണ്ടില്ലല്ലോ കൂടുതൽ സ്കരിക്കുന്നതും തസ്മീഹും തംജീതം ചെല്ലുന്നത് കണ്ടിട്ടില്ലല്ലോ അദ്ദേഹവുമായി പോരുമ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല നിങ്ങളെ കുറിച്ച് മൂന്ന് തവണ മുത്തുല്ലാഹുലി വസ്ലമ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന എനിക്ക് ആരോടും വിദ്വേഷമില്ല എന്ന് ആരോടും വെറുപ്പില്ല എന്ന് ഒരു ഉമ്മത്തായി നല്ല മനസ്സുള്ളവരായി നാരണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ ഹൃദയമാണ് അതിലേക്ക് മുഹമ്മദ് നല്ല സംഗതികളൊന്നും അതിലേക്ക് കടക്കുന്നില്ല അത് അത്രമാത്രം ഹൃദയങ്ങളിൽ ഞങ്ങൾ കാക്കണമേ തെമ്പുരാനെ മൂന്നാമത്തെ ഹൃദയമാണ് ഹൃദയം കീക്കാന്തൂക്ക് നല്ലത് കേൾക്കും പിന്നെന്താകും ചെയ്യും അത് മാറുന്നതാണ് നല്ലതിനെതിരെ ചെയ്യുകയുള്ളു നല്ലതിനെതിരെ ചെയ്യുകയുള്ളൂ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കൂല നല്ല വിഷയം പറയുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് മനസ്ഥ ഈ ഹൃദയത്തിൽ നിന്നും അല്ലാഹു മേക്കാത്തുരക്ഷിക്കുമാറാകട്ടെ നാലാമത്തെ ഹൃദയം മുസഫും വിശ്വാസവും അവിശ്വാസവും കൂടിക്കലർന്നത് രണ്ടുണ്ട് രണ്ടുണ്ട് പകൽ തൊപ്പിയും രാത്രി കുപ്പിയും രണ്ടുണ്ട് രണ്ടും കൂടിക്കലർന്നത് ഇല്ല ൃദയവും നല്ല ഹൃദയമല്ല അപ്പോൾ ഹൃദയം ഒന്നാമത്തെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയം പെടണം അഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തക്കൊഴി നീപ്പെടുത്തിയണമേ തമ്പുരാനെ അതിനുള്ള ചികിത്സ എന്താണ് ഹൃദയ രോഗത്തിലുള്ള മരുന്ന് അതെ ബഹുമാനപ്പെട്ട ഹൃദയത്തിന്റെ അത് ഓതുന്നവർക്ക് ശുപാർശകനായിട്ട് ആൻ അമത്ത് നാളെ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാ വസളുകയാണ് രണ്ടാമത്തത് വയറു കാലിയാക്കുക സുഭിക്ഷമായ ആഹാരങ്ങളൊന്ന് കുറച്ച് അല്പം ഭക്ഷണം കഴിച്ച് പട്ടിണി കിടന്ന് ജീവിച്ച് നോമ്പ് ജീവിച്ച് റബിന്റെ പൊരുത്തും കാഷിക്കുക ഹൃദയത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് വൈകാരികമായ ചിന്തകൾ ഉണ്ടാകുന്ന ഭക്ഷണം കഴിക്കുന്നു വൈകാരികമായ പ്രവർത്തനങ്ങൾ അതുമൂലം സംഭവിക്കുന്നു അതിന് ഭക്ഷണം ഒന്ന് കുറക്കുകത് എന്താണ് രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് ഹൃദയ രോഗത്തിലുള്ള മരുന്നാണ് നാലാമത്തത് ക്ക് ഉറക്കമൊഴിച്ചിട്ട് വിനയം പ്രകടിപ്പിക്കുക പൊട്ടിക്കരയുക റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവിക്കുക പൊട്ടിക്കരയുക അതെന്നെയാണ് അത് വിനയം പ്രകടിപ്പിച്ച് പടച്ചവനെ മാപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുക അഞ്ചാമത്തത് മുജാലിഹിൻ നല്ല മനുഷ്യരുമായിട്ടുള്ള സഹവാസം നല്ല ആളുകളുമായിട്ടുള്ള സഹവാസം അത് ചെയ്യുക യുടെ ആദരണീയരായ പ്രസിഡന്റ് അല്ലേ ഈ വിനീതൻ ഹജ്ജ് കഴിഞ്ഞു വന്ന സമയത്ത് ഉസ്താദിനുപായം കൊടുത്തപ്പോൾ മദീനയിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് രണ്ടെണ്ണമുണ്ട് ഇത് തന്നാൽ മൂന്നാകും ഓവറാകും അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും മഹാനായർ അസീസിനുള്ള സമാനതകളുള്ള പണ്ഡിത വ്യക്തിത്വമല്ലേ ബഹുമാനപ്പെട്ടു കാളും എന്തൊരു ഖിലാസാണ് എന്തൊരു വിനയമാണ് എന്തൊരു തകവയാണ് കളങ്കമില്ലാത്ത കാപ്പറ്റമില്ലാത്ത നല്ല മനുഷ്യന്റെ ഉടമയില്ലേ ഞാൻ എന്റെ ഒരു അനുഭവം പറയട്ടെ രണ്ടായിരത്തി മെയ് മാസം ആറാം തീയതി ശനിയാഴ്ച മഹാനായുദിനെ കോട്ടക്കൽ ആര്യശാലയിലേക്ക് ഞാൻ കൊണ്ടുപോയി ഡോക്ടർ രാമദാസ് ആണ് ചികിത്സിക്കാൻ ഉദ്ദേശിച്ച ഡോക്ടർ ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ആണ് ഇവർ സമസ്തയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഉസ്താദിനാദ്യമായിട്ട് കാണുകയാണ് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റായിട്ട് അല്പം കാലമേ ആയിട്ടുള്ളൂ എന്നും ഞാൻ പറഞ്ഞു എന്താണ് പ്രശ്നം മുട്ടുവേദനയാ പരിശോധിച്ചു വരുന്ന വിധാൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞു മുഖത്തേക്ക് നോക്കി ആ നോട്ടത്തിൽ വഴിയിൽ വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞിരുന്നു കശാലം വേണ്ട ഗുളികമതി സാർ എങ്കിൽ തൈലം വേണം എന്നദ്ദേഹം പറഞ്ഞു എന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ഡോക്ടർ ചോദിക്കുന്നു ചീട്ടുകൊടുത്ത ശേഷം ചോദിക്കുന്നു ഒരു സംഘടനയുടെ പ്രസിഡന്റാണ് എന്നല്ലേ പറഞ്ഞത് ഞാൻ സത്യത്തിന്റെ ഞരമ്പെന്ന് പരിശോധിച്ചു നോക്കട്ടെ ഉസ്താദിനോട് കൈ നീട്ടാൻ പറഞ്ഞു കൈ നീട്ടി വലത്തെ കൈ ഡോക്ടർ രാമദാസിനോട് ഞാൻ ചോദിച്ചു സത്യത്തിന്റെ ഞരമ്പുണ്ടോ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വലത്തെ കൈയിലെ തല്ലാമ്പുരലിലെ തൊട്ടടുത്ത നരമ്പ് അദ്ദേഹം പിടിച്ചു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം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 ആ റൂമിൽ നിന്നും പുറത്തു കിടക്കുന്നതുവരെ ഡോക്ടർ ഇതാ ഉസ്താദിനെ പിന്തുടർന്നു യാത്രയൊക്കെ നല്ല മനുഷ്യനാണ് ഉത്തരവാദിത്വം നിർവഹിക്കുന്നവനാണ് മനക്കരുത്തുള്ളതേതാവാൻ മനക്കരുത്തുള്ളതേതാവാൻ ആർജവുമുള്ളതേതാവാൻ കഴിഞ്ഞ ഭരണകൂടം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ ഉമ്മത്തിന് തകർക്കാനുള്ള ഗൂഢപദ്ധതി ആവിഷ്കരിച്ചു വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് തന്നെ പാർട്ടി സമ്മേളനത്തിൽ പോലും പരാജയത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു എട്ട് മണിക്ക് ക്ലാസ് എന്ന് പറഞ്ഞ സമയത്ത് ബുദ്ധിമുട്ടുമെന്ന് ബഹുമാനപ്പെട്ട സമസ്തക്ക് ബോധ്യപ്പെട്ട സമയത്ത് അതിപതിരെ പ്രതികരിച്ചില്ലേ പെരുന്തൽമുന്ന മലപ്പുറത്ത് വെച്ചുകൊണ്ട് പ്രസംഗിച്ചില്ലേ നിങ്ങൾ എട്ട് മണിക്ക് സ്കൂൾ തുടങ്ങിക്കോളൂ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് മദ്രസകളുണ്ട് ഞങ്ങൾക്ക് റിട്ടേർഡ് അധ്യാപകന്മാരുണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് കണക്കും ഇംഗ്ലീഷും സയൻസും ഞങ്ങളുടെ മദ്രസയിൽ വെച്ച് പഠിപ്പിക്കും നിങ്ങളുടെ അധ്യാപകന്മാരുടെ ജോലി പെറിക്കും എന്ന് പറഞ്ഞില്ലേ വെടിവെക്കേണ്ടടുത്ത് വെടിവെച്ചു അതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് ഉസ്താദ് ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ഇന്ത്യയിലെ ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയാൽ ജാമിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയാൽ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയാൽ അലിഗഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയാൽ അവിടെ അധ്യാപ്രവേശനമുണ്ട് പ്രവേശനമുണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട ദാർഹുദയിലെ മൂന്ന് ഹുദവികൾക്ക് ഡോക്ടറേറ്റ് നേടിയ പ്രതിഭകൾക്ക് നാം ആദരവ് നൽകിയില്ലേ അതേ ബഹുമാനപ്പെട്ട സമസ്തകല ജംഇത്തിൽ നിലവയുടെ ആദരണീയരായ പ്രസ് ജനറൽ സെക്രട്ടറി അതേ ചെമ്പാട് ദാർഹുദയിലെ കൊച്ചുറൂമിൽ നിന്നും ഒരു സഞ്ച് ചെയ്യുമ്പോൾ അതിന് വിലയുണ്ട് അതിന് ബഹുമാനപ്പെട്ട സമസ്ത വളർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ടിന്റെ ഒരു ഒപ്പുണ്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയാൽ യൂണിവേഴ്സിറ്റിയിൽ പോയാൽ ജോലിയുണ്ട് ലിബിയയിലെ ചില യൂണിവേഴ്സിറ്റികളിലും ജോലിയുണ്ട് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി സിഹാബദങ്ങൾ പേര് നൽകിയ വാഫി എന്ന പേര് അതിൽ നിന്നും ബിരുദം നേടിയ പ്രതിഭകൾക്കും ഇതിന് സമാനമായ സാഹചര്യം ഉണ്ട് ഉണ്ട് ായ ഉമർ അലി സിഹാബ് തറക്കല്ലിടുന്നു അല്ലാഹു സ്വർഗം കൊടുക്കേണ്ട മേത്തമ്പുരാനെക്കി കൊടുക്കേണ്ട മേത്തംപിരാനെ ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഇതാ തറ കല്ലിട്ടു ദ്വായ കഴിയുന്നു ആളുകൾ പറയുന്നു മഴയില്ല പ്രാർത്ഥിക്കണം ജൈവ ചെയ്യട്ടെ ൂടുന്നു രണ്ടു വർഷം മുമ്പുള്ള പ്രാർത്ഥനയുടെ ഫലം എപ്പോഴും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതെ സമസ്തയുടെ നേതാക്കന്മാർ അവർ ഇ ഹലാസിന്റെ അവർ തകവയുടെ പ്രതീകങ്ങളാണ് പടച്ചവനെ അവരോടൊപ്പം വേണ്ടി കൂടെ ചെയ്യാൻ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ചില ആയത്തുകൾ കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം അവർക്കുനിടെയുള്ള ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണ് ആകാശത്തെ നാം പഠിച്ചത്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 ില്ലാത്ത മനസ്സായിരിക്കണം ആകാശങ്ങൾക്ക് വിള്ളലില്ല ബഹുമാനപ്പെട്ട സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ മനസ്സുകൾ ഒന്നാണ് എന്നും ഒന്നാണ് എന്നും ഒന്നാകണം പടച്ചവനെ ഞങ്ങളുടെ മനസ്സുകൾ എന്നും നീ ഒന്നാക്കണമേ തമ്പുരാനെ ഭൂമി എങ്ങനെയാണ് നാം വിശാലമാക്കിയത് ഭൂമിയിൽ നാം പർവ്വതങ്ങളെ സ്ഥാപിച്ചു ആ പർവ്വതങ്ങളിൽ കൗതുകമുള്ള ഇണകളായ പുഷ്പങ്ങളെ നാം പടപ്പടക്കുകയും ചെയ്തു മലകൾ കണ്ടിട്ടില്ലേ മലകൾ മലകളിലേക്ക് നോക്കുക ഹിമാലയത്തിലേക്ക് നോക്കുക എവറസ്റ്റിലേക്ക് നോക്കുക അതെ പശ്ചിമ മലകളിലേക്ക് നോക്കുക ആ മലകളിൽ കണ്ടിട്ട് മലകളെ പോലെ നാമം കോട്ടകളാകുക ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ ശക്തമായ തണുപ്പ് ശക്തമായ ചോടെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വലിയ കൊടുമുടികളായി മഹാനായ സയ്യിദ് മുഹമ്മദി ശഹാബുദങ്ങൾ ജീവിച്ചതുപോലെ ബഹുമാനപ്പെട്ട റീസും കണ്യ തുസ്ത ജീവിച്ചതുപോലെ മഹാനായ ശംഷുൽ ഉലമ ജീവിച്ചതുപോലെ നല്ല തകവയുടെ കൊടുമുടികളായി നാം മാറുക അള്ളാഹു തുണക്കുമാറാകട്ടെ ഒരു സമ്മാനം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ് ഹൃദയ ഹൃദയങ്ങൾക്ക് ശക്തി കൂട്ടാനുള്ള ഒരു സമ്മാനം ആ സമ്മാനമാണ് നാന്നൂറ്റി അൻപത് തവണ ചൊല്ലുക ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയും നാന്നൂറ്റി തവണ ചൊല്ലിയ ശേഷം നാം ചൊല്ലേണ്ടത് ആലെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആംഗത്ത് ുംടിക്കുന്നുണ്ട് നമ്മുടെ ഈ വേദിയെ പോലും തകർക്കാനും സമ്മേളനം പോലും മുടക്കാനുമുള്ള ഏത് സമയത്തും നാട്ടിലായാലും എവിടെയാണെങ്കിലും നമ്മുടെ കയ്യിൽ മുത്തുഹുലു ഏൽപ്പിച്ചിരണ്ട് അതാണ് എന്റെ കൂടെ നിങ്ങൾ അല്ലെങ്കിൽ നൂറ് തവണ ചൊല്ലുക ഇത് നമുക്ക് പ്രതിരോധമാണ് ഞാൻ നിർത്തുന്നതിന്റെ മുമ്പ് നമുക്ക് ഇന്നത്തെ സമ്മേളനം അത് സമ്മേളനങ്ങൾക്ക് മുമ്പ് ശ്രീ ചൈത്രോ ചൊല്ലുന്ന ഒരു സംഗതിയുണ്ട് ബിസ്മി എഴുപത് വട്ടം ചൊല്ലി ദിവഴ്ചയിലുണ്ട് തൊണ്ണൂറ്റി മൂന്നിലെ ചേലാരിയിൽ നടന്ന മല്യം സമ്മേളനം അതുപോലെയുള്ള മിക്ക സമ്മേളനങ്ങളിലും മഹാൻ എഴുപത് ബിസ്മി ചൊല്ലിയിട്ടതു ആ ചെയ്യും സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി ശത്രുക്കൾ നിഷ്പ്രഭരാകാൻ വേണ്ടി അവരുടെ എല്ലാവിധ ആവനാഴികളിൽ നിന്നുള്ള അമ്പുകളൊക്കെ തകർന്ന് തടിപ്പടകമാകാൻ വേണ്ടി അതുകൊണ്ട് എഴുപത് ബിസ്മിപ്പുള്ള സമയം കൂടി എന്റെ പ്രസിഡിയം അനുവദിച്ചു തരണമെന്ന് അറിയിക്കുന്നു നമുക്ക് ചൊല്ലാം ബിസ്മില്ലാഹുറമാൻ റഹീം ബിസ്മില്ലാഹുറുറീം ബിസ്മില്ലാഹുറീം ബിസമിറൻ്റീം ബസിമീം ബസിമീം ബസ്മല രീം ബസ്ീം ബസ്ീം ബഹിമ ബസ്മുറമ ബസ്മലീം ബീം ബ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 ബസ്മിറുരമീം ബസ്മലർമനീം ബസ്മിറമ ബസ് ബസ് ബസ് ബസ് ബസ്മലി റഹിമ ബസ് ബസ് ബസ് ബസ് ബസ് ബസ് െർ വരക്കൽ തങ്ങൾ മഹാനവറുകളുടെ നാമനിരത്തിൽ നടക്കുന്ന ബഹുമാനപ്പെട്ട സമസ്തകളുടെ എൺപത്തിയഞ്ചാം വാർഷിക മഹാസമ്മേളനം ചരിത്ര പ്രസിദ്ധമായ സമ്മേളനമാക്കണേ തമ്പുരാനെ പഠിച്ചവരെ പൂർവിക സൂര്യകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് മറുഹമത്തും നൽകണേ തമ്പുരാനെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരുപാട് നേതാക്കന്മാർ നബിഗസ്താദ് അബ്ദുൽ ബാലും ബഹുമാനപ്പെട്ട ഉമർ അലി ഷഹാബ്ദങ്ങൾ പഠിച്ചവരെ അവർ നിങ്ങളോടൊപ്പമില്ല സുഖം കൊടുക്കണേ തമ്പുരാനെ പഠിച്ചവരെ പ്രതിഭകളായ സഹോദരന്മാർമിയയിലെ ഒരു അപകടത്തിൽ പെട്ടു മരിച്ചു കൊടുക്കണേ തമ്പുരാനെടുക്കണേ തമ്പുരാനെ താനൂരിലുള്ള കഠിനാബ്ദികളായ ഇഹ്ലാസിന്റെ പ്രതീകങ്ങളായ പച്ച കോട്ട് ധരിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ വരും നാളുകൾക്ക് വേണ്ടി ഹൈദമത്ത് ചെയ്യുന്ന വളണ്ടിയർ സഹോദരന്മാർ ഊണും മുറത്തും ഒഴിച്ചുകൊണ്ട് പരിപാലിക്കുന്ന സഹോദരന്മാർജത്തിലാക്കണെ തമ്പുരാനെ മുരാതികൾ ഹാസ്യരാക്കി കൊടുക്കണ തമ്പുരാനെ സർവ പ്രതിസന്ധികളിൽ നിന്നും അവർക്ക് സലാമത്ത് നൽകണെ പഠിച്ചവരെ നിങ്ങൾ സ്വാത്വികന്മാരായ നേതാക്കന്മാർ ജീവിച്ചിരിക്കുന്ന മഹത്വക്കൾ കൈ പൊറുക്കത്തും ഞങ്ങൾത്തും നിങ്ങൾക്കും നൽകണേ തമ്പുരാനെ അവരോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കാറുള്ള തോഫിയൊക്കെ നൽകണേ തമ്പുരാനെ ഈ സമ്മേളനത്തിലേക്ക് മറുനാട്ടിൽ നിന്നും ഈ നിന്നും സഹായിച്ചവർ അവരെ ഈ േ തമ്പുരാൻ തോഫിയെ തമ്പുരാനെ നിങ്ങൾ നാവുകൾ നനയിപ്പിച്ചുകൊണ്ട് ആ ഉടിച്ചുകൊണ്ട് പഠിച്ചവരെ നല്ല മുത്തകീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ തമ്പു ും പ്രിയപ്പെട്ടവരെ അടുത്ത സെഷൻ ഏഴ് മുപ്പതിനാണ് വെറും മുപ്പത്തി അഞ്ച് ഉള്ളത്